സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സൂചന നൽകുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ രഹസ്യമായി സൂക്ഷിക്കുന്നതിലോ നിങ്ങൾക്ക് യാതൊരു നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുമെന്ന് അള്ളാഹു സുബഹാനഹുവറ്റ് ആല അറിയുന്നു എങ്കിലും മാന്യമായ വാക്കുകൾ പറയുകയല്ലാതെ നിങ്ങൾ അവരുമായി രഹസ്യമായി കരാറുകളിൽ ഏർപ്പെടരുത് നിശ്ചയിക്കപ്പെട്ട കാലാവധി അവസാനിക്കുന്നതുവരെ വിവാഹബന്ധം ഉറപ്പിക്കരുത് നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം അള്ളാഹു സുബാനഹുവറ്റ ആല അറിയുന്നു എന്ന് മനസ്സിലാക്കുക അതിനാൽ അവനെ ഭയപ്പെടുക അള്ളാഹുസുബാനുഹുവ ചാല ഏറെ പൊറുക്കുന്നവനും സഹിഷ്ണുവുമാണെന്ന് മനസ്സിലാക്കുക